പറയുക അള്ളാഹു സുബാനഹൂവച്ച ആലാവിന്റെ അടുക്കൽ ഇതിനേക്കാൾ മോശമായ പ്രതിഫലം ലഭിക്കുന്നവരെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെയോ അല്ലാഹു സുബാനഹൂവച്ച ആലാവിൻ ശപിക്കുകയും അവനോട് കോപിക്കുകയും ചെയ്തവരും അവരിൽ ചിലരെ കുരങ്ങുകളായും പന്നികളായും മാറ്റുകയും ചെയ്തവരും താഗൂത്തിനെ ആരാധിച്ചവരുമാണവർ അവർ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ടവരും നേർവഴിയിൽ നിന്ന് ഏറ്റവും അകന്നുപോയവരുമാണ്